ാമത്തിൻ്റെ മഹത്വം നമുക്ക് ഇന്ന് ബൈബിൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ലൂക്കോസിൻ്റെ സുശേഷം പതിനൊന്നാം അധ്യായത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ മുമ്പിലുള്ള ചുരുങ്ങിയ സമയം വളരെ വേഗത്തിൽ ഈ അധ്യായത്തോട് ബന്ധപ്പെട്ട ചില ചിന്തകൾ നമുക്ക് കാണാം ഈ ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ പതിനൊന്നിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ ആദ്യത്തെ നാല് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് താന് ഈ നിലയിൽ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ അവനോട് കർത്താവെ ഞങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കാൻ എല്ലാം കൊണ്ടും തീർത്തും യോഗ്യനായ ഒരാളാണ് കാരണം കർത്താവ് തന്നെ പ്രാർത്ഥിക്കുന്ന സ്വഭാവമുള്ളവനായിരുന്നു കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മളങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് അവിടുന്ന് ചെയ്തും പഠിപ്പിച്ചും അവിടുന്ന് ഒന്നാമത് തൻ്റെ ജീവിതത്തിൽ ചെയ്തു ആ കാര്യമാണ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഇവിടെ ഇതാ ശിഷ്യന്മാരെ കർത്താവിൻ്റെ ജീവിതത്തിൽ അവിടുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുന്നു ആ പ്രാർത്ഥന അവിടുന്ന് പൂർത്തിയാക്കിയപ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് ഞങ്ങളെക്കൂടെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു ഈ കർത്താവ് തുടർന്ന് അവരെ പ്രാർത്ഥന പഠിപ്പിക്കുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ മൊത്തായി എഴുതിയ സുവിശേഷം ആറാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ മത്തായി ആറിൻ്റെ ഒൻപത് പതിമൂന്ന് വാക്യങ്ങളിൽ കർത്താവ് ഈ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഈ പ്രാർത്ഥന അത് വളരെ വിശദമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ലൂക്കോസ് രേഖപ്പെടുത്തിയതിനേക്കാൾ ലൂക്കോസ് നാല് വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയതിനേക്കാളും വിശദമായിട്ട് മത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അന്ന് ആ ആ കാര്യം ചിന്തിക്കുകയുണ്ടായി നമ്മൾ മത്തായി പഠിച്ചപ്പോൾ ആ ഭാഗങ്ങളിൽ ചിന്തിക്കുകയുണ്ടായി അതുകൊണ്ട് നമ്മൾ ആ പ്രാർത്ഥനയിലൂടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല എന്നാൽ ആ പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം അതിൻ്റെ അഞ്ചാമധ്യായം അഞ്ചാമത്തെ വാക്യം മുതൽ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം മുതൽ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം വരെ കർത്താവായി യേശുക്രിസ്തു പ്രാർത്ഥന സംബന്ധിച്ച ഒരു ഉപമയാണ് അവിടെ ശിഷ്യന്മാരോട് ഈ പ്രാർത്ഥന പഠിപ്പിച്ചതിന് ശേഷം പറയുന്നത് ആ ഉപമയിൽ നിന്ന് നമുക്ക് ഒരു യഥാർത്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ട അഞ്ചുകൂട്ടം കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയും ഈ ഉപമ വളരെ പ്രശസ്തമായ ഒരു ഉപമയാണ് നമുക്കറിയാം ഒരു ഒരാളുടെ വീട്ടിൽ അവൻ്റെ സ്നേഹിതൻ വന്നു സ്നേഹം വന്നപ്പോൾ ആ സ്നേഹിതനൊന്നും കൊടുപ്പാനായിട്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ വീട്ടുകാരൻ തൻ്റെ മറ്റൊരു സ്നേഹിതൻ അടുത്ത വീട്ടിലുള്ള മറ്റൊരു സ്നേഹിതൻ്റെ അവിടെ ചെന്ന് വാതുക്കം മുട്ടി എന്തിനാ ചെന്ന് മുട്ടിയത് എൻ്റെ വീട്ടിലൊരാൾ അതിഥി വന്നു അവന് വിളമ്പി കൊടുക്കാൻ എൻ്റെ ഒന്നുമില്ല അതുകൊണ്ട് നീ എഴുന്നേറ്റ് അർദ്ധരാത്രിയായി അല്ലെങ്കിൽ അസമയമായെന്ന് എനിക്കറിയാമെങ്കിലും നീ എഴുന്നേറ്റ് എനിക്ക് അപ്പം തരണം ഞാനത് കൊണ്ടുവന്ന് എൻ്റെ അതിഥിക്ക് കൊടുക്കണം എന്ന് ഈ സ്നേഹിതൻ്റെ കഥകൾ മുട്ടിയ പറഞ്ഞു ഉടനെ തന്നെ അകത്തുനിന്ന് അകത്തു ആ സ്നേഹിതൻ്റെ മറുപടി എന്താണ് എന്നെ പ്രയാസപ്പെടുത്തരുത് കഥ കടച്ചിരിക്കുന്നു പൈതങ്ങളും എന്നോടുകൂടെ കിടക്കുന്നു എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന അകത്തു ഉത്തരം പറഞ്ഞു പക്ഷേ ഈ വന്ന ആൾ വീട്ടുകാരൻ്റെ സ്നേഹിതനായതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിൽ അവനെ അവനെ ലജ്ജ കൂടാതെ മുട്ടിച്ചു അങ്ങനെ ചെയ്തതുകൊണ്ട് ആ വീട്ടുകാരൻ എഴുന്നേറ്റ് അവനെ വീണ്ടും കൊടുത്തു ഈ കാര്യമാണ് അവിടെ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഉപമയിൽ നിന്ന് നമുക്കൊരു യഥാർത്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ട അഞ്ചുകൂട്ടം കാര്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിലൊന്ന് നോക്കാം ഒന്നാമതായിട്ട് ഈ വന്ന് ഈ ചോദിച്ച ആൾ അയാൾക്കൊരു മനസ്സലിവുള്ള ആളായിരുന്നു കാരണം താനെന്താണ് താന് വന്ന തൻ്റെ അതിഥിയെ എങ്ങനെയെങ്കിലും പട്ടിണിയിൽ ഉറങ്ങാൻ അനുവദിക്കാതെ ആ വന്ന അതിഥിയോട് അയാൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ള ഒരു മനസ്സലിവ് ഉണ്ടായിരുന്നു നമ്മളും ഏതെങ്കിലും കാര്യത്തിനു വേണ്ടി മറ്റാർക്കു എങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരെക്കുറിച്ചൊരു കമ്പാഷൻ ഒരു മനസ്സലിവ് നമുക്കുണ്ടായിരിക്കണം അതാണ് നമുക്ക് ഒന്നാമത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ട ഒരു കാര്യം കർത്താവായ യേശു ക്രിസ്തു ലീത ഉണ്ടായിരുന്നു കർത്താവ് എന്ത് ചെയ്തു കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം ഒൻപതിൻ്റെ മുപ്പത്താറിൽ നമ്മൾ വായിക്കുന്നു കർത്താവ് പുരുഷകാരത്തെ ചിഹ്നവരും ചെറിയവരുമായിട്ട് കണ്ടപ്പോൾ അവരിൽ മനസ്സലിഞ്ഞു അപ്പോൾ ഒരു ആൾക്കൂട്ടത്തെക്കുറിച്ച് കർത്താവിന് മനസ്സലിവുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു വ്യക്തിയെക്കുറിച്ചും കർത്താവ് മനസ്സലിവുള്ളവനായിരുന്നു ഉദാഹരണത്തിന് മർക്കോസിൻ്റെ സുവിശേഷം ഒന്നിൻ്റെ നാൽപ്പത്തൊന്ന് നോക്കുക അവിടെ ഒരു കുഷ്ഠരോഗി വന്നിട്ട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് കരം എനിക്ക് മനസ്സുണ്ട് എന്ന് പറഞ്ഞ് അവനെ സൗഖ്യമാക്കുന്നു ഞാൻ പറഞ്ഞു വന്നത് കർത്താവായ യേശു താനായിരുന്ന കാലഘട്ടത്തിലെ ആ നിലയിലുള്ള ജനത്തിൻ്റെ ആവശ്യങ്ങൾ പൊതുവായിട്ടുള്ള ആൾക്കൂട്ടം അല്ലെങ്കിൽ ആ പുരുഷാരത്തോട് മനസ്സിലുള്ളവനായിരുന്നു ആ കൂട്ടത്തിലുള്ള വ്യക്തികളോടും മനസ്സലിവുള്ളവനായിരുന്നു നമുക്കും ഇന്ന് തീർച്ചയായിട്ടും ഈ മനസ്സലിവ് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വളരെ ആവശ്യമുള്ള ഒരു കാര്യമാണ് ഒന്ന് പത്രോസ് മൂന്നിന്റെ എട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് തീർച്ചയൊക്കെ എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിക്കും കണ്ടോ സഹോദരപ്രീതിയും മനസ്സലിവും നമുക്ക് സഹോദരപ്രീതിയും മനസ്സലിവുമാണ് ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ട ഒരു ഘടകം നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഘടകം രണ്ടാമത്തെ ഒരു ഘടകം ഈ മനസ്സലിവ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും പതിനൊന്നിൻ്റെ ആറിൽ അവന് വിളമ്പി കൊടുക്കാൻ എൻ്റെ പക്കൽ ഏതുമില്ല എനിക്ക് വിളമ്പി കൊടുക്കണം എന്നൊക്കെ പറയുന്നിടത്ത് ആ വീട്ടുകാരൻ്റെ മനസ്സലിവാണ് പ്രകടമാകുന്നത് അപ്പം കണ്ടോ ഈ ഉപമയിൽ ഒന്നാമത് മനസ്സലിവ് എന്നുള്ള ഒരു കാര്യം രണ്ടാമത് അവൻ്റെ ധൈര്യം നമ്മൾ കാണണം പതിനൊന്നിൻ്റെ എട്ടാമത്തെ വാക്യം നോക്കുക അവന് എന്ത് ചെയ്തു ഈ വീട്ടുകാരൻ അവനെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും അവൻ എഴുന്നേറ്റ് തരുന്നതുവരെ അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കൊണ്ടിരുന്നു ധൈര്യത്തോടെ എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ വീടാണ് ഞാൻ കുറച്ച് ഇപ്പോൾ അവൻ എണ്ണീറ്റില്ലെങ്കിൽ ഞാൻ കുറച്ച് നേരം മുട്ടിക്കൊണ്ടിരുന്നാൽ അവൻ എഴുന്നേറ്റ് തരുമെന്നുള്ള ധൈര്യം അവനുണ്ടായിരുന്നു പ്രിയപ്പെട്ടവര് നമ്മളും പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ പലപ്പോഴും പിശാച നമ്മുടെ പാപങ്ങളോ നമ്മുടെ കുറ്റങ്ങളോ കാണിച്ച് നമ്മളെ അധൈര്യപ്പെടുത്താനായിട്ട് ശ്രമിച്ചെന്നിരിക്കുക എന്നാൽ നമ്മളോടുള്ള ദൈവത്തിൻ്റെ കൽപ്പന എന്താണ് ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് നമ്മൾ ചെല്ലണം ധൈര്യത്തോടെ ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലണം എബ്രാഹർ നാലിൻ്റെ പതിനാറാണ് അങ്ങനെ പറയുന്നത് എഫേസർ മൂന്നിൻ്റെ പന്ത്രണ്ട് നോക്കുക അവനിൽ ആശ്രയിച്ചിട്ട് അവങ്കിലുള്ള വിശ്വാസത്താൽ നമുക്ക് ധൈര്യവും പ്രവേശനവുമുണ്ട് ഒന്നിയോ ഹന പതിനാല് അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു അപ്പൊ കണ്ടോ രണ്ടാമതൊരു ഘടകമായിട്ട് പ്രാർത്ഥന കേൾക്കാനുള്ള രണ്ടാമതൊരു ഘടകം ധൈര്യം ഉണ്ടാവണം ബോൾഡ്നെസ് നമ്മൾ എൻ്റെ പിതാവാണ് എൻ്റെ സ്വർഗീയ പിതാവാണ് അവിടുന്ന് ഇപ്പോഴല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ തക്ക സമയത്ത് അതിന് ഉത്തരം തരും എന്നുള്ള ധൈര്യത്തോടെ നമ്മൾ കൃപാസനടത്തിനടുത്തേക്ക് ചെല്ലണം ഈ കാര്യത്തിൽ നമ്മൾ മടുത്തു പോകരുത് പിശാചി നമ്മളുടെ ധൈര്യത്തെ കെടുത്തി നോക്കിയാലും നമ്മൾ അവന് കീഴടങ്ങരുത് മൂന്നാമത് ഇവിടെ നമ്മൾ ഈ കാണുന്നത് ഈ വന്ന് മുട്ടിയ വീട്ടുകാരൻ്റെ ഒരു സഹിഷ്ണതയാണ് സഹിഷ്ണുത എന്ന് പറയുമ്പോൾ അവന് അവനങ്ങനെ നമ്മൾ പതിനൊന്നിൻ്റെ ലൂക്കോസ് പതിനൊന്നിൻ്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ ഒരു സഹിഷ്ണുത ഒരു പേഴ്സിവറൻസ് നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മനോഭാവം നമ്മൾ കാണുന്നു അതിൻ്റെ പതിനൊന്നിൻ്റെ എട്ടില് ലജ്ജ കൂടാതെ മുട്ടിക്ക എന്നാണ് പറഞ്ഞത് ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്ന നേടത്തോളം കൊടുക്കും അപ്പോൾ അവിടെ കണ്ടോ ഷെയിംലെസ് പേഴ്സിസ്റ്റൻസ് ഒന്നു ചോദിച്ചു മറുപടി കിട്ടിയില്ല നിരാശപ്പെട്ടങ്ങ് പോവുകയല്ല അത് കഥക് തുറക്കുന്നത് വരെ ജ്ജ കൂടാതുള്ള ഒരു പെഴ്സിസ്റ്റൻസ് ലജ്ജ കൂടാതെ ഉള്ള ഒരു സഹിഷ്ണത നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ട മൂന്നാമത്തെ ഘടകമാണ് നാലാമത്തെ ഘടകം പതിനൊന്നാമത്തെ അദ്ധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് എന്താ അവന് അവിടെ നമ്മൾ കാണുന്നു ആ ഉപമ തീർത്തുകൊണ്ട് കർത്താവ് പറയുന്നു നിങ്ങളിൽ ഒരുത്തൻ അപ്പനോട് നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പൻ ചോദിച്ചാൽ അവൻ കല്ലുകൊടുക്കുമോ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു അപ്പം നമുക്ക് നമ്മുടെ പിതാവിനോടാണ് ചോദിക്കുന്നത് എന്ന വിശ്വാസം നമുക്കുണ്ടാകണം അവിടുന്ന് നമുക്ക് നല്ല ദാനങ്ങളെ തരും എന്നുള്ള ആ വിശ്വാസം നമുക്കുണ്ടാകണം ആ വിശ്വാസമാണ് നമ്മൾ അവിടെ കാണുന്ന ഘടകം മറ്റെ എഴുതിയ സുശേഷം പതിനൊന്നിൻ്റെ ഇരുപത്തിരണ്ടിലൊക്കെ കാണുന്നുണ്ടല്ലോ വിശ്വസിച്ചുകൊണ്ട് എന്ത് യാവിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അടുത്തതായിട്ട് അതിൻ്റെ പതിമൂന്നിൻ്റെ ഒടുവിൽ അവിടെ പരിശുദ്ധാത്മാവിനെക്കുറിച്ചും നമ്മൾ കാണുന്നു സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും എന്ന് പറഞ്ഞാണ് ആ ഉമ്മ കർത്താവ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായം പരിശുദ്ധാത്മാവ് ആരാണ് സഹായകനാണ് അപ്പോൾ ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും ആ ഉപമയിൽ അവിടെ അതിൻ്റെ അവസാനത്തിൽ പറഞ്ഞു കൊണ്ടാണ് കർത്താവ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ കണ്ടോ പ്രിയമുള്ളൊരു ദൈവം കേൾക്കുന്ന ഒരു പ്രാർത്ഥനയുടെ അഞ്ച് ഘടകങ്ങളെക്കുറിച്ചാണ് നമ്മൾ വളരെ വേഗത്തിൽ ചിന്തിച്ചത് ഒന്ന് നമ്മൾ ആർക്കു വേണ്ടി മത്യസ്ഥത അണയ്ക്കുന്നോ അവരെക്കുറിച്ചൊരു മനസ്സലിവ് കമ്പാഷൻ നമുക്കുണ്ടാകണം അത് പുരുഷാരത്തെക്കുറിച്ച് മൊത്തമാകാം വിശ്വാസ സമൂഹത്തെക്കുറിച്ച് പൊതുവിലാകാം വ്യക്തിപരമായി ആളുകളെ കുറിച്ചാവാം അതുപോലെ തന്നെ ധൈര്യം ബോൾഡ്നെസ് നമുക്ക് ഉണ്ടാകണം അതുപോലെ സഹിഷ്ണുത മുട്ടിക്ക ലജ്ജ കൂടാതെ മുട്ടിക്കുന്ന മനോഭാവം ഉണ്ടാകണം നാലാമത് വിശ്വാസം ഉണ്ടാകണം വിശ്വസിച്ചുകൊണ്ട് എന്തുചാരിച്ചാലും ലഭിക്കും എന്നുള്ള ഉറപ്പോടെ ഒടുവിലായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായവും നമുക്ക് ഈ കാര്യത്തിൽ ലഭ്യമാണ് ഇങ്ങനെ അഞ്ചുകൂട്ടം കാര്യങ്ങളാണ് ഈ ഉപമയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥനയുടെ ദൈവം കേൾക്കുന്ന ഒരു പ്രാർത്ഥനയുടെ ഘടകങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വകാര്യ പ്രാർത്ഥനകളിലും നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ കഴിക്കുന്ന അപേക്ഷകളിലൊക്കെ ഈ ഘടകങ്ങളുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ചെയ്യാം ദൈവം ഈ കാര്യങ്ങളിൽ മുന്നോട്ട് നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മളെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യമാണല്ലോ ഇപ്പോഴാണ് വായിച്ച് അവസാനിപ്പിച്ചത് ആ വാക്യം നമുക്ക് വീണ്ടും ഒന്ന് നോക്കാം ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാനറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും ഇവിടെ കണ്ടോ നല്ല ദാനങ്ങളെ കൊടുക്കാനറിയുന്നെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് നന്മയെ എത്രയധികം കൊടുക്കും എന്നല്ലേ പറയേണ്ടത് മത്തായി എഴുതിയ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യത്തിൽ ഈ വാക്യം മത്തായി രേഖപ്പെടുത്തുമ്പം അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും പിന്നെ എന്തുകൊണ്ടാണ് ലൂക്കോസ് ഇവിടെ പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും കർത്താവ് പരിശുദ്ധാത്മാവെന്നും നന്മയെന്നും ഒക്കെ പറഞ്ഞിരിക്കും അതിൻ്റെ അകത്ത് തൻ്റെ ഒരു സന്ദേശത്തിന് യോജിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നുള്ളത് കൊണ്ട് ലൂക്കോസ് പരിശുദ്ധാത്മാവിനെ ഇത്രയധികം കൊടുക്കും എന്ന് താനെ രേഖപ്പെടുത്തി മത്തായിക്ക് തൻ്റെതായ ഒരു സന്ദേശത്തിന് നൽ നല്ലത് നന്മ എന്നുള്ളതാണെന്ന് കണ്ടുകൊണ്ട് താൻ നന്മ എന്നുള്ളത് എടുത്ത് എഴുതുകയാണ് ചെയ്തത് എന്ന് നമുക്ക് ചിന്തിക്കാം പ്രിയപ്പെട്ടവർ നമ്മളിങ്ങനെ പറയുമ്പോൾ ലൂക്കോസ് എപ്പോഴും ഈ സുവിശേഷത്തിൻ്റെ അനുഗ്രഹങ്ങളെയാണ് അനുഗ്രഹങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത് ലൂക്കോസ് നമുക്കറിയാവുന്നത് പോലെ വിജാതീയനായ ആ നിലയിലുള്ള ഒരു സുവിശേഷകാരനായിരുന്നല്ലോ അതുകൊണ്ട് താൻ എപ്പോഴും സുവിശേഷത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടാൻ ആഗ്രഹിക്കുന്നത് ഈ സുവിശേഷത്തിൻ്റെ അനുഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് പരിശുദ്ധാത്മാവ് തന്നെയാണ് ഉവ്വ നോക്കുക വിജാതിരായ ആളുകൾക്ക് പുതിയ ഉടമ്പടിയുടെ കാലഘട്ടത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു ദൈവം ആ പരിശുദ്ധാൽമാവിനെ നൽകുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമായിട്ട് ലൂക്കോസ മനസ്സിലാക്കുന്നു കാരണം അതെന്താ അതെന്ന് പറയുന്നത് പഴയ ഉടമ്പടിയിൽ ഉള്ള അബ്രഹാമിന് കൊടുത്ത അനുഗ്രഹമാണ് അതാണ് ഈ നിലയില് പരിശുദ്ധാത്മാവായിട്ട് പുതിയ ഉടമ്പടിയിൽ കർത്താവിനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും ആ നിലയിൽ സ്വന്തമാക്കാനായിട്ട് കഴിയുന്നത് ആ ഒരു അനുഗ്രഹമാണ് നമുക്ക് വളരെ വേഗത്തിൽ രണ്ട് വാക്യങ്ങൾ നോക്കാം ഗലാത്തിർ കെഴുതി ലേഖനം മൂന്നാമധ്യായോ അതിൻ്റെ എട്ടാമത്തെ വാക്യം ഗലാത്തീർ മൂന്നിൻ്റെ എട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും കണ്ടോ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻപ് അറിയിച്ചു അബ്രഹാമിനെ അന്ന് അറിയിച്ചത് എന്താ അതൊരു സുവിശേഷമാണെന്നും അനുഗ്രഹത്തിൻ്റെ ഒരു സുവിശേഷമാണെന്നുമാണ് ഗലാത്തിയർ മൂന്നിൻ്റെ എട്ട് പറയുന്നത് എന്നാൽ മൂന്നിൻ്റെ പതിനാല് നോക്കുക അവിടെ പറയുന്നത് അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആ അനുഗ്രഹം എന്താണെന്ന് തുടർന്ന് പറയുന്നു നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ ഗലാത്തേർ മൂന്നിൻ്റെ പതിനാല് നിങ്ങളെ ശ്രദ്ധിച്ചോ അവിടെ എന്താ അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികൾക്ക് വരണം അത് ഗലാത്തേർ മൂന്നിൻ്റെ എട്ടിൽ പറഞ്ഞിട്ടുണ്ട് അത് ഒടുവിൽ ക്രിസ്തുവേശുവിലൂടെ ജാതികൾക്ക് ആ വന്നു ആ അനുഗ്രഹം എന്താണെന്നാ ഇവിടെ മൂന്നിൻ്റെ പതിനാലിൽ പറയുന്നത് ആൽമാവെന്ന പ്രോമിസാണ് ആത്മാവെന്ന വാഗ്ദത്ത വിഷയമാണ് അപ്പൊ പരിശുദ്ധ ആൽമാവ് പറയുന്നത് അബ്രഹാമിന് നൽകിയ ആ കാണാവുന്ന ദൃശ്യമായ അല്ലെങ്കിൽ പുതിയ ഉടമ്പടിയിലെ വിശ്വാസികൾക്ക് അനുഭവവേദ്യമാകുന്ന ഒരു വലിയ ഒരു അനുഗ്രഹം അതാണ് അല്ലാതെ ഭൗതികമായ അനുഗ്രഹങ്ങളല്ല ഇതാണ് ലൂക്കോസ് മുന്നോട്ട് വയ്ക്കാനായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം എന്നാൽ മത്തായി എന്തുകൊണ്ടാണ് അവിടെ താന് നന്മ എന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ പറയാതെ തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് മത്തായിയുടെ മത്തായി സുവിശേഷകാരൻ എപ്പോഴും സ്വർഗരാജ്യം എന്നുള്ളതായിരുന്നു തൻ്റെ ഊന്നൽ കിങ്ഡം ഓഫ് ഹെവൻ സ്വർഗരാജ്യം എന്നുള്ളതായിരുന്നു തൻ്റെ ഊന്നൽ അപ്പോൾ സ്വർഗരാജ്യത്തിൽ നല്ല കാര്യങ്ങളാണ് നന്മകളാണ് അതാണ് അനുഗ്രഹമായിട്ട് സ്വർഗരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളായിട്ട് താൻ കണ്ടത് അതുകൊണ്ട് താൻ എന്ത് ചെയ്തു താൻ അവിടെ വായി താൻ അവിടെ എഴുതി പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും സ്വർഗരാജ്യത്തിലെ നന്മകൾ അതേസമയം ലൂക്കോസ് അതിൻ്റെ പരിശുദ്ധാത്മാവ് എന്നുള്ള ആ ഒരു കാര്യം കാരണം സുവിശേഷത്തിൻ്റെ അനുഗ്രഹത്തിലാണ് ലൂക്കോസിൻ്റെ ഊന്നൽ അതുകൊണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ് അതുകൊണ്ടാണ് തന്നെ പരിശുദ്ധാത്മാവിനെ എത്രയധികം എന്ന് ലൂക്കോസ് പറഞ്ഞത് മത്തായി തൻ്റെ ഊന്നൽ അനുസരിച്ച് നന്മ എത്രയധികം എന്ന് താൻ പറഞ്ഞു എന്ന് ഈ രണ്ട് വാക്യങ്ങളെ നമുക്ക് താരതമ്യം ചെയ്ത് അങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയും പ്രിയപ്പെട്ടവരെ അവിടെ തന്നെ പതിനൊന്നിൻ്റെ ഇരുപതിൽ കണ്ടോ അവിടെ മറ്റൊരു വാക്യം നമ്മൾ കാണുന്നു പതിനൊന്നിൻ്റെ ഇരുപതിൽ അവിടെ നമ്മൾ വായിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസ് പതിനൊന്നിൻ്റെ ഇരുപതിൽ പറയുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു ഇവിടെ കർത്താവ് പറയുന്നത് ഞാൻ ഭൂതങ്ങളെ എങ്ങനെ പുറത്താക്കുന്നു എന്നാ ദൈവത്തിൻ്റെ ശക്തി എന്നാണ് മലയാളം ബൈബിളിൽ കാണുന്നത് പക്ഷേ ഇംഗ്ലീഷ് ബൈബിളിൽ അങ്ങനെയല്ല ഇംഗ്ലീഷിൽ നിന്നാണല്ലോ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഇംഗ്ലീഷിൽ നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്തമായ മറ്റൊരു പ്രയോഗമാണ് കാണുന്നത് ദൈവത്തിൻ്റെ ശക്തി എന്നല്ല ൈ ദ ഫിംഗർ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വരൽ കൊണ്ട് ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു കണ്ടോ അപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഏ ദൈവത്തിൻ്റെ ഒരു വിരലുമതി വിരലുമതി ഏ വിരലിനെ കുറിച്ച് ഇതിൻ്റെ പതിനൊന്നിൻ്റെ നാൽപ്പത്തി ആറിൽ പറയുന്നുണ്ട് വിരല് കൊണ്ട് പോലും അവർ ചുമടുകളെ തൊടുന്നില്ല എന്ന് പറയുന്ന അതേ വാക്ക് തന്നെയാണ് ഇംഗ്ലീഷിൽ ഇവിടെ നമ്മൾ കാണുന്നത് അപ്പോൾ ഇംഗ്ലീഷാണ് കുറച്ചുകൂടെ ഗ്രീക്കുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഭാഷ അതുകൊണ്ട് നമുക്ക് എന്നാൽ ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം എന്ന യേശു പറഞ്ഞതാണ് ശരിയായ പ്രയോഗം പ്രിയപ്പെട്ടവര് നമ്മളപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് കിട്ടേണ്ട ചിന്ത എന്താ വിരൽ എന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ശക്തി തന്നെ ആണല്ലോ അതിൻ്റെ അകത്ത് എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ വിരൽ വിരലെന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കാര്യമാണ് വിരൽ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കാര്യമാണ് നമ്മൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ കയ്യെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ ഭുജത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ വിരലിനെ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഭൂതത്തെ പുറത്താക്കാൻ ദൈവത്തിൻ്റെ കൈ വേണ്ട ദൈവത്തിൻ്റെ ഭുജം വേണ്ട ദൈവത്തിൻ്റെ ഒരു ചെറുവരൽ മതി എന്നൊരു സന്ദേശം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനായിട്ട് കഴിയും യോഹന്നാൻ്റെ സുശേഷം പത്താം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ കൈ ഹാൻഡ് ദൈവത്തിൻ്റെ കൈ ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വിശ്വാസികളെ എൻ്റെ കയ്യിൽ നിന്ന് ആരും പിടിച്ചു എന്ന് കർത്താവ് പറയുന്നു അതുപോലെ തന്നെ പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറപ്പാൻ ആർക്കും കഴിയുകയില്ല കൈ കൈ ഹാൻഡ് എന്നുള്ള വാക്കാണ് യോഹനാൻ പത്തിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപതിൽ കാണുന്നത് അതുപോലെ യശിയാവിൻ്റെ പുസ്തകം അൻപത്തി മൂന്നിൻ്റെ ഒന്നും നോക്കുക യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ ഭുജം ഭുജം എന്നുള്ളത് ആമാണ് ആമാണ് എന്നു വെച്ചാൽ കൈയുടെ ഒരു ഭാഗമാണല്ലോ ആം അപ്പം നോക്ക് മുഴുവൻ ഭൂതത്തെ പുറത്താക്കുന്നത് വന്നപ്പം എന്തു ഒരു വിരലുമതി വിരലുമതി ഞാൻ ആ കാര്യം പറയാനാണ് വന്നത് യോഹനാൻ പത്ത് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപതിൽ ദൈവത്തിൻ്റെ കയ്യെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു യശയ്യാവ് അമ്പത്തി മൂന്നിൻ്റെ ഒന്നിൽ ദൈവത്തിൻ്റെ ഭുജത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഭൂതത്തെ പുറത്താക്കാൻ ദൈവത്തിൻ്റെ ഒരു ചെറു വരല് പ്രിയപ്പെട്ടവരെ വിശ്വാസകൂളത്തിൽ പലരും വിചാരിക്കുന്നത് ഭൂതത്തെ പുറത്താക്കുക ഭൂതഭദ്രവ ഒക്കെ ആളുകൾ വളരെ പേടിച്ചും ഭയപ്പെട്ടുമൊക്കെയാണ് നടക്കുന്നത് എന്നാൽ അതിൻ്റെ കാര്യമില്ല ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ അറിയുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ ഒരു ചെറുവിരലുകൊണ്ട് ഏഹ് ഒരു കൈ കാണിച്ചാൽ മതി ഭൂതത്തെ കർത്താവ് ഇവിടെ പറഞ്ഞതിനെ നമുക്കങ്ങനെ സങ്കല്പിക്കാം ഞാൻ എൻ്റെ വിരലുകൊണ്ട് വിരലുകൊണ്ട് ഞാൻ എന്നാൽ ദൈവ ദൈവത്തിൻ്റെ വിരലുകൊണ്ട് ഞാൻ ഭൂതത്തെ പുറത്താക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ ഒരു വിരല് ഒരു ആംഗ്യം കാണിച്ചാൽ ഭൂതം വിട്ടുപോയിക്കളയും ഈ ആ നിലയിൽ ആവശ്യമില്ലാതെ നമ്മൾ ഭയപ്പെടേണ്ടതായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് പ്രിയപ്പെട്ടവർ നമ്മൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിലേക്ക് പതിനൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ നിലയിൽ ദൈവത്തിൻ്റെ മക്കൾക്ക് എത്ര വലിയ അധികാരമാണ് ഈ ദൈവത്തിൻ്റെ വരലും ദൈവത്തിൻ്റെ കയ്യ് ദൈവത്തിൻ്റെ പൂജ്യവും അവരോടൊപ്പമുണ്ട് നമ്മൾ ഇന്ന് കടന്നു ഒരു സാഹചര്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് പറയാം ദൈവത്തിൻ്റെ കൈ എന്നെ പിടിച്ചിട്ടുണ്ട് എന്നെ അവൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയുകയില്ല പിതാവിൻ്റെ കയ്യിൽ നിന്നും എന്നെ പിടിച്ചു പറപ്പാൻ ആർക്കും കഴിയുകയില്ല പിന്നെ എശയ്യാം അമ്പത്തിമൂന്നിൻ്റെ ഒന്നുമായിട്ട് ചേർത്ത് നമുക്ക് പറയാം ദൈവത്തിൻ്റെ ഭുജം ആം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ വിരല് ഓ പൈശാചികമായ ഉപദ്രവങ്ങളെ നോക്കുക ദൈവത്തിൻ്റെ കൈയും ദൈവത്തിൻ്റെ ഭുജവും ദൈവത്തിൻ്റെ വിരലും ഒക്കെ ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടി ചലിക്കുന്നു ദൈവത്തിൻ്റെ ഈ കരങ്ങളെ ചലിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ പ്രാർത്ഥനയാണ് ഈ ചിന്തകൾ നമുക്ക് കൂടുതൽ ഇന്ന് നമ്മൾ കടന്നു ഈ പ്രത്യേക മഹാമാരിയുടെ സമയത്ത് നമുക്ക് വലിയ ധൈര്യവും ഉറപ്പും നൽകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് കർത്താവ് പുരുഷാരത്തോട് അതുപോലെ തന്നെ പരീശന്മാരോട് ന്യായശാസ്ത്രിമാരോട് ഇവരോടൊക്കെ വളരെ ഗൗരവമായിട്ട് പല കാര്യങ്ങൾ പറയുകയും അതിനെ തുടർന്ന് അവർക്ക് പലർക്കും കർത്താവിനോട് എതിർപ്പും ആ നിലയിൽ കർത്താവിനോട് വിദ്വേഷവും വരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് അവർ കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചു കൊല്ലുകയായിരുന്നല്ലോ ക്രൂശിക്കാനായിട്ട് കർത്താവിനെ കൊണ്ടുവന്നപ്പോൾ എല്ലാവരും പുരുഷാരവും പരീശന്മാരും ന്യായശാസ്ത്രിമാരും എല്ലാവരും കർത്താവിനെ എതിരായിരുന്നു എന്തുകൊണ്ടാണ് അവരെല്ലാം കർത്താവിനെ എതിരായിരുന്നത് കാരണം കർത്താവ് തൻ്റെ പരസ്യ എപ്പോഴും ഇവരുടെ ആ നിലയിലുള്ള അവരുടെ കാപട്യങ്ങളെ കർത്താവ് തൊലിയുരിച്ച് കാണിക്കാൻ ഒരിക്കലും മടിച്ചില്ല കർത്താവ് ഒരു രാഷ്ട്രീയക്കാരനെ പോലെ എല്ലാവരെയും പ്രീതിപ്പെടുത്തി നടക്കാനല്ല ശ്രമിച്ചത് നോക്കുക അതിൻ്റെ ഇരുപത്തൊൻപതാമത്തെ വാക്യം പതിനൊന്നിൻ്റെ ഇരുപത്തൊൻപത് പുരുഷാരൻ തിങ്ങിക്കൂടിയപ്പോൾ കർത്താവ് പറഞ്ഞു തുടങ്ങിയെന്താ ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു അത് അടയാളം അന്വേഷിക്കുന്നു യോനയുടെ അള അടയാളമല്ലാതെ അതിനൊരടയാളവും കൊടുക്കയില്ല കണ്ടോ പുരുഷാരൻ തിങ്ങിക്കൂടിയപ്പോൾ അവരെ സന്തോഷിപ്പിക്കുന്ന അവരെ അഭിനന്ദിക്കുന്ന അവർക്ക് സന്തോഷം തോന്നുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്നല്ല കർത്താവ് വിചാരിച്ചത് മറിച്ച് യോനയേക്കാൾ വലിയവൻ ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ വന്നിട്ട് അവനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് യോന നിലവേക്കാർക്ക് അടയാളമായതുപോലെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്ക് അടയാളമാകും എന്ന് വളരെ ബ്ലണ്ടായിട്ടങ്ങ് പറയുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ശലോമോൻ ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നു എന്നിട്ടും നിങ്ങൾ അവനെ കൈക്കൊള്ളുന്നില്ലല്ലോ അതുകൊണ്ട് ന്യായവിധി സമയത്ത് ഈ നിലവേക്കാരും ഒക്കെ എഴുന്നേറ്റ് നിങ്ങളെ ന്യായം വിധിക്കും എന്ന് വളരെ ഗൗരവമായിട്ട് പറയുകയും നിങ്ങൾ മാനസാന്തരപ്പെടണം എന്ന സന്ദേശം അവർക്ക് കൊടുക്കുകയുമാണ് കർത്താവ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ മുപ്പത്തിയേഴിലേക്ക് വരുമ്പോൾ അവിടെ ഇതാ ഒരു പരീശൻ തന്നോടുകൂടെ മുത്താഴം കഴിക്കാനായിട്ട് യേശുവിനെ വിളിക്കുന്നു അപ്പോൾ യേശു കുളിച്ചില്ല എന്ന് കണ്ടിട്ട് ആ പരീശൻ ആശ്ചര്യപ്പെട്ടു കർത്താവ് ഉടനെ പരീശന്മാരായ നിങ്ങൾ കിണ്ടുകിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നവരാണ് നിങ്ങളുടെ ഉള്ളിൽ കവർച്ചയും ദുഷ്ടതയും നിറഞ്ഞിരിക്കുന്നു മൂഢന്മാരെ പുറം ഉണ്ടാക്കിയവനല്ലയോ എന്ന് പറഞ്ഞ് കർശനമായിട്ട് ആ പരീശനോട് തന്നെ അത്താഴം കഴിക്കാൻ വിളിച്ച ആ തന്നെ മുത്താഴം കഴിപ്പാൻ ക്ഷണിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പാനായിട്ട് വിളിച്ച ആ പരീക്ഷനോട് കർത്താവ് വളരെ ഗൗരവമായിട്ട് സംസാരിക്കുന്നതാണ് കാണുന്നത് എന്നിട്ട് അതിൻ്റെ നാൽപ്പത്തിരണ്ട് മുതലുള്ള ഭാഗം നോക്കുക നിങ്ങള് നിങ്ങൾക്കയ്യോ കഷ്ടം പരീശന്മാരായ നിങ്ങൾക്കയ്യോ കഷ്ടം ഉടനെ നാല്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ന്യായശാസ്ത്രിമാരിൽ ഒരുത്തൻ അവനോട് ഗുരു ഇങ്ങനെ പറയുന്നതിനാൽ നീ ഞങ്ങളെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ഉടനെ എന്താ പറഞ്ഞത് നാൽപ്പത്തി ആറാമത്തെ വാക്യം ന്യായശാസ്ത്രിമാരായ നിങ്ങൾക്കും അയ്യോ കഷ്ടം എടുപ്പാൻ പ്രയാസമുള്ള ചുമടുകളെ നിങ്ങൾ മനുഷ്യരെ കൊണ്ട് ചോപ്പിക്കുന്നു നിങ്ങൾ ഒരു വിരൽ കൊണ്ട് പോലും ആ ചുമടുകളെ തൊടുന്നില്ല എന്ന് പറഞ്ഞ് അവരെയും അവരുടെ കാപട്യങ്ങളെയും കർത്താവ് തുറന്നു കാട്ടുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് അതിൻ്റെ അൻപത്തി രണ്ടില് പിന്നെയും പറയുന്നു ന്യായ നിങ്ങൾ കയ്യോ കഷ്ടം നിങ്ങൾ പരിജ്ഞാനത്തിൻ്റെ താക്കോൽ എടുത്തു കളഞ്ഞു നിങ്ങൾ തന്നെ കടന്നില്ല കടക്കുന്നവരെ തടുത്തും കളഞ്ഞു ഇത് കഴിഞ്ഞപ്പോൾ അപ്പൊ നോക്കുക അതിൻ്റെ ഇരുപത്തി ഇരുപത്തി ഒമ്പതില് മാനസാന്തരപ്പെടുന്ന കാര്യം ഗൗരവമായിട്ട് പറഞ്ഞു അതിൻ്റെ മുപ്പത്തി ഏഴില് അതുപോലെ തന്നെ നാൽപ്പത്തി രണ്ടിൽ ഒക്കെ പരീശന്മാരോട് കർശനമായിട്ട് സംസാരിച്ചു അതിൻ്റെ നാല്പത്തി അഞ്ചിൽ അതുപോലെ തന്നെ അൻപത്തി രണ്ടിൽ ഒക്കെ ന്യായശാസ്ത്രിമാരോട് കർശനമായിട്ട് അവരെ തൊലി ഉരിച്ചു കാണിച്ച കർത്താവ് അവരെ ശാസ്റ്റ് സംസാരിക്കും അത് കഴിഞ്ഞപ്പോഴോ അവസാനത്തെ പാരഗ്രാഫ് നോക്കുക ആ അധ്യായത്തിൻ്റെ അവസാനത്തെ പാരഗ്രാഫ് അൻപത്തി വാക്യം അവൻ അവിടം വിട്ടു പോകുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും അവനെ അത്യന്തം വിഷമിപ്പിപ്പാനും അവൻ്റെ വായിൽ നിന്ന് വല്ലതും പിടിക്കാമോ എന്ന് വെച്ച് അവനായി പതിയിരുന്നു പലതിനെക്കുറിച്ച് കുടുക്കു ചോദ്യം ചോദിപ്പാനും തുടങ്ങി വല്ല അത്ഭുതമുണ്ടോ അവരങ്ങനെ പെരുമാറിയതിൽ കാരണം നേരത്തെ അവരോട് കർശനമായിട്ട് തന്നെ അവരുടെ കാപട്യങ്ങളെ തൊലിയുരിച്ച് കാണിച്ച കർത്താവ് സംസാരിച്ചു പുരുഷാരത്തോട് പറഞ്ഞു പരീശന്മാരോട് പറഞ്ഞു ന്യായശാസ്ത്രിമാരോട് പറഞ്ഞു ഒടുവിൽ അൻപത്തിമൂന്നാമത്തെ വാക്യമായപ്പോൾ ഈ ന്യായശാസ്ത്രിമാരും പരീക്ഷന്മാരും ഒന്നിച്ച് അവരൊറ്റക്കെട്ടായിട്ട് നിന്നോണ്ട് കർത്താവിനെ വായിൽ നിന്ന് വല്ലതും പിടിക്കാൻ കഴിയുമോ അവനെ വിഷമിപ്പാൻ കഴിയുമോ കുടുക്ക് ചോദ്യം ചോദിപ്പാനും ഒക്കെ തുടങ്ങി അപ്പൊ കണ്ടോ കർത്താവുമായിട്ടുള്ള അകൽച്ച ഈ ഭാഗം മുതൽ തന്നെ നമ്മൾ കാണുകയാണ് തുടർന്നാണ് കർത്താവിനെ കാൽവെറിക്രൂശില് ആ കൊല കൊലപ്പെടുത്തുന്നതിലേക്കൊക്കെ ഈ പരീഷന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും എല്ലാം അടങ്ങുന്ന ആ സംഘം അങ്ങനെ തീരുമാനിക്കുന്നത് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തെ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് അന്ന് ഉണ്ടായിരുന്ന പല ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകൾ എല്ലാവരും ഒരളവിൽ നമ്മൾ സുവിശേഷം ശ്രദ്ധിച്ചു നോക്കിയാൽ അവരെല്ലാവരും കർത്താവിന് എതിരായിരുന്നു എന്ന് കാണാൻ കഴിയും അന്ന് നമ്മളെ ബ്രിട്ടീഷുകാരെ ഇന്ത്യയെ ഭരിച്ചുകൊണ്ടിരുന്നതുപോലെ ഇസ്രായേൽ നാടിനെ റോമാക്കാരായിരുന്നു ഭരിച്ചോണ്ടിരുന്നത് അന്ന് റോമാക്കാരെ അനുകൂലിക്കുന്ന യഹൂദന്മാരുണ്ടായിരുന്നു അവരാണ് ചുങ്കക്കാർ ആര് ഭരിച്ചാലും തങ്ങൾക്ക് പണം കിട്ടണമെന്നായിരുന്നു ഈ ചുങ്കക്കാരുടെ ആഗ്രഹം അതുകൊണ്ട് റോമാക്കാരോടൊപ്പം കൂടി നികുതി പിടിച്ചു കൊടുക്കുന്ന പരിപാടിയായിരുന്നു ഈ ചുങ്കക്കാർക്കുണ്ടായിരുന്നത് പാവങ്ങളിൽ നിന്ന് ഈടാക്കേണ്ടതിൻ്റെ ഇരട്ടിയൊക്കെ വാങ്ങി പകുതി അവർ കീശയിലാക്കി പകുതി റോമാക്കാർക്ക് അടയ്ക്കേണ്ടതടക്കി അങ്ങനെയൊക്കെ നിന്ന് റോമക്കാരോട് കൂട്ടുകൂടി നിന്നവരാണ് ഈ ചുങ്കക്കാരെ കർത്താവ് എന്തു ചെയ്തിട്ടുണ്ട് കർത്താവ് വളരെ കർശനമായിട്ട് അവരോട് സംസാരിച്ചിട്ടുണ്ട് ചുങ്കക്കാരും ഭാവികളും അവരുടെ ഈ നിലയിലുള്ള തെറ്റായ പണസ്നേഹത്തെ കർത്താവ് തുറന്നു കാട്ടിയിട്ടുണ്ട് ചില ചുങ്കക്കാരെ മനസാന്തരപ്പെട്ടതെന്ന് നമുക്കറിയാം മത്തായി സുവിശേഷം എഴുതിയ മത്തായി ഒരു ചുങ്കക്കാരനായിരുന്നല്ലോ അതുപോലെ തന്നെ സക്കായി ചുങ്കക്കാരിൽ നിന്ന് മനസാന്തരപ്പെട്ടു വന്ന ആളാണ് അങ്ങനെ ഒന്ന് രണ്ട് പേരൊക്കെ ചുങ്കക്കാരിൽ നിന്ന് മാനസാന്തരപ്പെട്ട് വന്നെങ്കിലും ചുങ്കക്കാരും മൊത്തത്തിൽ കർത്താവിനെ എതിരായിരുന്നു രണ്ടാമത് സദൂക്യര് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് പുരോഹിതന്മാരായിരുന്നു അവര് അവർക്ക് പുനരുദ്ധാനത്തിൽ ഒന്നും വിശ്വാസമില്ലായിരുന്നു പക്ഷേ ഈ ഹന്നാവും കയ്യപ്പാവും അടങ്ങുന്ന പുരോഹിതന്മാരും ഒക്കെ സദൂക്കയായിരുന്നു റോമക്കാരോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഈ പതിമൂന്ന് ഏക്കറുള്ള ഇരിശിലയം ദേവാലയത്തിൻ്റെ വളപ്പ് അത് ഞങ്ങൾക്കിങ് ഫ്രീ ആയിട്ട് ഇങ്ങ് വിട്ടു തരണം അതിനുള്ളിൽ റോമൻ പട്ടാളം വരരുത് എന്ന് പറഞ്ഞ് റോമക്കാരോട് ഞങ്ങൾക്ക് ഒരു സ്വതന്ത്രമായിട്ട് ഈ ദേവാലയം കൈകാര്യം ചെയ്യാൻ അവസരം തന്നാൽ മതി ഞങ്ങളത് ജീവിച്ചോളാം എന്ന് പറഞ്ഞ് റോമക്കാരുമായിട്ട് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നവരാണ് സദൂക്കയര് സദൂക്കയര് സദൂക്കയര് ആ ദേവാലയം വെച്ച് കൊള്ളലാഭം എടുത്തതും കർത്താവ് അവരെ ചമ്മട്ടിക്കൊണ്ട് പുറത്താക്കിയതും ഒക്കെ നമുക്കറിയാം ഇതാണ് ഈ സദൂക്കയെന്ന് പറയുന്നത് അവരും ഫലത്തിലെ കർത്താവിന് എതിരായിരുന്നു പിന്നീട് പരീശൻ എന്ന് പറയുന്ന കൂട്ടർ പരീശന്മാർ സത്യത്തെ ഈ റോമാക്കാർക്കെതിരായിരുന്നു അവർ വിചാരിച്ചതെന്ന് ഈ ശരിക്ക് പാലിച്ചിരുന്നെങ്കിൽ റോമൻ അടിമത്തം വരികയില്ലായിരുന്നു എന്നൊക്കെ വിചാരിച്ച് അവരെ ഈ ന്യായപ്രമാണം വള്ളി പുള്ളി വിടാതെ ശബദ്ദിവസവും ഒക്കെ ആചരിക്കാൻ വളരെ താല്പര്യപ്പെട്ട ആളുകളാണ് പക്ഷെ അവരൊത്തിരി കാവട്ടിക്കാരായിരുന്നു കർത്താവ് അവരെ തൊലി കാണിച്ചു അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ് ന്യായശാസ്ത്രിമാർ അവരെന്താ ചെയ്യുന്നത് ഈ ന്യായശാസ്ത്രിമാര് ഈ ന്യായ എഴുതുകയും പകർത്തുകയും ചെയ്യുന്ന ആ ജോലിയിലൂടെ ചെയ്യുന്ന വലിയ പണ്ഡിതന്മാരായിരുന്നു ഇരമ്യാവ് ഇരമ്യാവിന് ബാരൂക്ക് എന്നൊരാൾ എഴുതി കൊടുത്തതുപോലെ ഇരമ്യാവും മുപ്പത്താറും മുപ്പത്തിരണ്ടിലെ നമ്മൾ കാണുന്ന ബാരൂക്ക് അതുപോലെ തന്നെ ഉള്ള വലിയ പണ്ഡിതന്മാരൊക്കെയായിരുന്നു ഈ ന്യായശാസ്ത്രിമാർ അവർ വള്ളി പുള്ളി തെറ്റാതെ ഈ പരീശന്മാരെ പോലെ ഈ പ്രമാണമൊക്കെ എഴുതി കൊടുക്കുന്ന ആളുകളായിരുന്നു അവരെ പുതിയ ഉടമ്പടിയുടെ കാലത്ത് വന്നപ്പം അവരെ ആളുകളെ കൊണ്ട് റെബിമാരെന്ന് അവരെ വിളിപ്പിക്കുമായിരുന്നു പക്ഷേ ഇവരുടെ കാവിട്ട്യത്തെയും കർത്താവ് തൊലിയുരിച്ച് കാണിച്ചു തൊലിയുരിച്ച് കാണിച്ചു അതാണ് നമ്മളിവിടെയും ഈ അധ്യായത്തിൽ നമ്മളതാണ് കാണുന്നത് പിന്നീടുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് എരിവുകാരാണ് എരിവുകാരൻ എരിവുകാരൻ എന്ന് പറയുമ്പോൾ തീവ്രവാദികളാണ് റോമൻ പട്ടാളക്കാർക്കെതിരെ ഒളിയാക്രമണമൊക്കെ നടത്തുന്ന ആളുകളാണ് ഈ യഹൂദന്മാരുടെ ഇടയിലുള്ള തീവ്രവാദികളാണ് എരിവുകാരൻ ഇവരിൽ എരിവുകാരനായ ചീമോനെക്കുറിച്ച് നമുക്കറിയാം ബറവാസിനെ കുറിച്ച് നമുക്കറിയാം അപ്പുള്ളവരെ ഞാൻ പറഞ്ഞു വന്നത് നാലഞ്ച് കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു ഇവർക്കാർക്കും യേശുവിനോട് താല്പര്യമില്ലായിരുന്നു ചുങ്കക്കാരോട് അവർക്ക് എന്താ താല്പര്യമില്ലാഞ്ഞത് യോഹന്ന സ്നാപകം പറഞ്ഞായിരുന്നു അധികം നിങ്ങൾ പിരിക്കരുതെന്ന് പറഞ്ഞായിരുന്നു കർത്താവും യോഹന്നാ സ്നാപകന്റെ ആ നിലയില് കർത്താ യോഹന്നാ സ്നാപകന്റെ പിൻഗാമിയായിട്ട് വന്നത് കൊണ്ടും ഇവരുടെ പണസ്നേഹത്തെ കർത്താവ് എതിർത്തത് കൊണ്ടും ചുങ്കക്കാർ കർത്താവിനെതിരായിരുന്നു സദൂക്യരോ സദൂക്യര് അവരുടെ ദേവാലയത്തിലെ മേശകള് കർത്താവ് തൻ്റെ പരശിശുശ്രൂഷയിലെ രണ്ടു വട്ടം ചെന്ന് മറിച്ചിട്ടുകയും ഒക്കെ ചെയ്തതും ദേവാലയം ശുദ്ധീകരിച്ചതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ സദൂക്കരും മൊത്തത്തിൽ കർത്താവിനെതിരായിരുന്നു അവരുടെ പണസ്നേഹത്തിനെതിരെ കർത്താവ് ശബ്ദമുയർത്തി അന്നാവും കയ്യപ്പാവും ഒക്കെ അവരുടെ കൂട്ടത്തിലുള്ളവരാണ് അതുപോലെ തന്നെ പരീശന്മാർ അവരും കർത്താവിനെതിരായിരുന്നു നമ്മൾ വിചാരിക്കും അവർ ന്യായ പാലിക്കുന്നുണ്ട് കർത്താവിനെ അനുകൂലിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ കർത്താവ് അവരിങ്ങനെ വള്ളി പുള്ളി വിടാതെ ശപത്തിനെ ആചരിക്കുന്നതും കൈ കഴുകുന്നതും ഒക്കെ ചെയ്യുമ്പം കർത്താവ് പറഞ്ഞു ഇതൊന്നുമല്ല പ്രധാനം ഇതിൻ്റെ ആത്മാവാണ് പ്രധാനം ഇതിൻ്റെ പുറം മൂടിയല്ല നിങ്ങൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എരിവുകാരോ എരിവുകാരും കർത്താവിനെതിരായിരുന്നു ഒരു കരണത്തടിച്ചാൽ മറ്റതും കാണിച്ചു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് കർത്താവിൻ്റെ പഠിപ്പിക്കൽ ഈ തീവ്രവാദികൾക്കെതിരായിരുന്നു അതുകൊണ്ട് കണ്ടോ പ്രിയപ്പെട്ടവരെ കർത്താവ് ആ കാലഘട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയി കർത്താവ് അങ്ങനെ മുന്നോട്ട് പോകുന്നു കർത്താവിന് എന്താ സംഭവിക്കുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ അൻപത് അമ്പത്തൊന്നോ വാക്യങ്ങളൊക്കെ നോക്കുക ആ കർത്താവ് പറയുന്നു ഞാന് നിങ്ങളുടെ അടുത്ത പ്രവാചകന്മാരെയും അപ്പൊസ്സന്മാരെയും ഒക്കെ നിങ്ങൾ എന്ത് തള്ളിക്കളയും ഉപദ്രവിക്കുകയും ചെയ്യും സക്കരിയാവിനെ നിങ്ങൾ കൊന്നുകളഞ്ഞു നമുക്കറിയാവുന്നതുപോലെ രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിനാലിൻ്റെ ഇരുപത് ഇരുപത്തിരണ്ട് വാക്യങ്ങളിൽ പറയുന്ന ഒരു സക്കരിയാവിനെ അവരെ എന്തു അവർ കൊന്ന കാര്യം രണ്ട് ദിനവൃത്താന്തം ഇരുപത്തിനാലിൻ്റെ ഇരുപത് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിനാല് മുപ്പത്തി ആറിൽ ബരഖ്യാവിൻ്റെ മകനായ സക്കരിയാവിനെ കൊന്നതും പറയുന്നുണ്ട് ഈ ബരഖ്യാവിൻ്റെ മകനായ സക്കരിയാവാണ് സക്കരിയാവിൻ്റെ ആ പ്രവചനം എഴുതിയത് അപ്പോൾ നോക്കുക ഇവർ സക്കരിയാവെന്ന് പേരുള്ള രണ്ടു പേരെയെങ്കിലും ഈ ആളുകളെ യഹൂദന്മാർ കൊന്നു കളഞ്ഞു അവരെയൊക്കെ ദൈവം ഇവരുടെ അടുത്തേക്ക് മാനസാന്തരത്തിനായിട്ട് കലാകാലങ്ങളിൽ അയച്ചവരായിരുന്നു അവരുടെ വാക്ക് കേൾപ്പാൻ താല്പര്യമില്ലാതെ അവരെ കൊന്നുകളഞ്ഞു പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ കർത്താവിന് കിട്ടിയതിൽ കവിഞ്ഞ അംഗീകാരം ഒന്നും നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട നമ്മൾ കർത്താവിനെ പോലെ പൂർണ്ണ മനസ്കരായിട്ട് ഈ കാലഘട്ടത്തോട് ദൈവത്തിൻ്റെ വചനം പ്രഖ്യാപിച്ചാൽ അങ്ങനെ ജീവിച്ചാൽ നമുക്കും കാത്തിരിക്കുന്നത് മറ്റൊരു കാര്യമല്ല പക്ഷേ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും നമുക്ക് ധൈര്യത്തോടെ സന്തോഷത്തോടെ ഏഹ് കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തെ നമുക്ക് ആ നിലയിൽ നേരിടാം ദൈവം നമ്മെ സഹായിക്കും ദൈവം നമ്മോടൊപ്പം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ